ാമം മഹത്വപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കിന്നും ദൈവവചനം പഠിക്കാനായിട്ട് ദൈവസന്നിധിയിൽ കൂടാനിടയായല്ലോ ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിൻ്റെതായ വിധത്തിൽ വേണം എന്നുള്ള കാര്യത്തെ കുറിച്ചായിരുന്നു നമ്മളെ നമ്മളെ ഈ വെള്ളിയാഴ്ച വീണ്ടും കൂടുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും നമ്മൾ കടന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളും ഏറെ കുറെ നിശ്ചലമായിരിക്കുകയാണ് മറ്റേ ഒരു തേനീച്ചക്കൂടുപോലെ വളരെ പ്രവൃത്തി നിരതമായിരുന്ന ക്രിസ്തീയ ലോകം ഇന്ന് പെട്ടെന്ന് അങ്ങ് നിശബ്ദമായി മീറ്റിങ്ങുകളില്ല അല്ലെങ്കിൽ കൺവെൻഷനുകളില്ല മറ്റ് പ്രവർത്തനങ്ങളില്ല ഈ സാഹചര്യത്തെ പലരും മത്സ്യബന്ധനത്തിന് മുതിരുന്ന ആളുകൾ വല കടലിലിറക്കും എന്നാൽ ചിലപ്പോൾ അവർ വല നന്നാക്കുന്ന ഒരു സമയമുണ്ട് അന്നേരം വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് വല നന്നാക്കുന്ന ഒരു സമയമായിട്ട് ചിലർ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് മറ്റു ചിലർ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരു അതിനൊരു ഉദാഹരണം എടുത്ത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണിത് എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബാറ്ററി ആണതിനെ സഹായിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് വയ്ക്കും ഇത് രണ്ടും കാണിക്കുന്നത് നമ്മൾ ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ കൂടുതൽ ദൈവോന്മുഖമായിട്ട് ദൈവീകമായ കാര്യങ്ങളിൽ കൂടുതൽ വർദ്ധിച്ചു വരാനായിട്ട് നമ്മളെ തന്നെ കാണാനായിട്ട് എടുക്കുന്ന ദിവസങ്ങളായിരിക്കണം വല നന്നാക്കുന്നതായാലും ബാറ്ററി ചാർജ് ചെയ്യുന്നതായാലും എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ഇതിനൊരു ഈ കാലഘട്ടത്തെ ചേർത്ത് നമ്മളൊരു പ്രയോഗമെടുക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട് ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തെട്ടാണ് അതിന് പറ്റിയ പ്രയോഗം അവിടെ നമ്മൾ കാണുന്നു ആഴക്കുഴിച്ച് ആഴക്കുഴിച്ച് ഈ നമ്മളെ വീട്ടിലായിരിക്കുന്ന ഈ സമയം നമുക്ക് ആഴക്കുഴിക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് നമ്മൾ എടുക്കണം നമ്മുടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവോന്മുഖമായിട്ട് കൂടുതൽ ആഴപ്പെടാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു സമയമാണ് എന്ന നിലയിൽ നമ്മൾ ഈ ദിവസങ്ങളെ എടുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ആഴ്ചയിൽ പലവട്ടം ഇങ്ങനെ കൂടി വരുന്നതും പഠിക്കുന്നതും ദൈവവചനത്തിൽ നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിൻ്റെതായ വിധത്തിൽ വേണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പല വ്യക്തിപരമായ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ച് പറയുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവത്തിലുള്ള പൂർണമായ ഒരു ആശ്രയമാണ് വേണ്ടത് ആ പൂർണ്ണമായ ആശ്രയം ഇന്ന് നമുക്ക് ദൈവത്തെ സേവിക്കുമ്പോൾ ആ ദൈവമുമ്പാകെ നമ്മുടെ ജീവിതം ഒരു രഹസ്യ ജീവിതമായിരിക്കണം എന്നുള്ള എന്നുള്ള കാര്യം നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുക എന്നുള്ളതിൻ്റെ എതിർ എന്താ മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എതിർ രഹസ്യ ജീവിതത്തിൻ്റെ എതിര് മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു പരസ്യ ജീവിതമാണ് ആത്മീയ ജീവിതം താരതമ്യേനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവജനം ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പാകെ മാത്രം ജീവിക്കുക ആളുകളുടെ മുമ്പാകെ ജീവിക്കാതിരിക്കുക കഴിഞ്ഞയാഴ്ച നമ്മൾ ഇസ്രായേൽ മക്കളുടെ ഒരു അവർ ചെയ്തു ഒരു അനുഷ്ഠാനത്തെക്കുറിച്ചാണ് പറഞ്ഞല്ലോ അവരെ പരിച്ഛേദന നടത്തുമായിരുന്നു ആൺപ്രജയൊക്കെയും പരിച്ഛേദന ചെയ്യും എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് ബാഹ്യമായ ഒരു പരിഛേദനയെല്ലാം മറിച്ച് ഹൃദയ പരിച്ഛേദനയാണ് എന്ന് നമ്മളെ ചിന്തിച്ചു ഹൃദയപരിച്ഛേദന കാണാനായിട്ട് കഴിയുകയില്ല അതേസമയം ബാഹ്യപരിച്ഛേദന കാണുവാൻ കഴിയും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ദൈവത്തെ ഇന്ന് ദൈവത്തിൻ്റെ മുഖത്തിന് മുൻപാകെ ജീവിക്കുന്നെങ്കിൽ മറ്റു പലർക്കും നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ടൊന്നും കാണാനായിട്ട് കഴിയുകയില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും കാണുന്ന ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പാകെ മാത്രമുള്ള ഒരു രഹസ്യ ആത്മീയ ജീവിതത്തിന് ദൈവം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും നമ്മൾ സദൃശിവാക്യം ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വാക്യമാണ് സദൃശിവാക്യം ഇരുപത്തിയഞ്ചിൻ്റെ രണ്ട് കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം അപ്പം ദൈവത്തിൻ്റെ ഗ്ലോറി ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താ ദൈവം തന്നെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് കാര്യം ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വം എന്നാ ശലോമോന അവിടെ പറയുന്നു അപ്പൊ ദൈവത്തിന്റെ മഹത്വം പറയുന്നത് ദൈവം പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു നമുക്കും അറിയാമല്ലോ പല കാര്യങ്ങളും ദൈവം പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല അവിടെ തന്നെ ദൈവം തന്നെ ആ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നാണ് സദൃശ്യവാക്യം ഇരുപത്തിയഞ്ചിന്റെ രണ്ടിലാണ് നമ്മൾ വായിക്കുന്നത് അപ്പോ ദൈവമക്കളെന്നുള്ള നിലയിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആത്മീയവുമായ പല കാര്യങ്ങളും നമ്മുടെ ആളുകളുടെ കണ്ണിന് മുമ്പിലല്ല രഹസ്യത്തിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോൾ അവിടുന്ന് തന്നെ ശിഷ്യന്മാരോട് പറയുന്നു യോഹ ഞാൻ പതിനാറിൻ്റെ പതിനാല് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തു പരിശുദ്ധാത്മാവ് അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നു വീണ്ടും മഹത്വപ്പെടുത്തുക അവിടെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉള്ള പല കാര്യങ്ങളെടുത്ത് നമ്മളെ അറിയിച്ചു തന്നാണ് പരിശുദ്ധാത്മാവ് ആ നിലയിൽ ദൈവ കർത്താവിനെ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ ഇതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടായോ അറിയാം നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സുശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ആളുകളെ സൗഖ്യമാക്കി അടയാളങ്ങൾ കാണിച്ചു ഇതൊക്കെ നമ്മൾ വായിക്കാറുണ്ട് എന്നാൽ കർത്താവ് കടന്നു പോയൊരു ആന്തരിക ജീവിതം അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ നമ്മളെ കാണിക്കും നമ്മൾ ചില രംഗങ്ങളിലായിരിക്കുമ്പോൾ ഇവിടെ അത് പറയണോ വേണ്ടായോ എന്ന് സംശയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും യേശുവായിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നു അങ്ങനെ യേശുവിൻ്റെ പിതാവിനെ വിശ്വസിച്ചുള്ള തന്നിൽ തന്നെ ഒരു ആ നിലയിൽ വിശ്വാസം അർപ്പിക്കാതെ പിതാവിൽ ആശ്രയിച്ച് ചെയ്തിരുന്ന ആ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകൾ തന്ന് നമ്മളെ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലത് കാണിച്ചുകൊണ്ട് നമ്മളെ ആ നിലയിൽ വഴി നടത്തും അങ്ങനെയാണ് നമ്മൾ അവൻ പരിശുദ്ധാത്മാവ് അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരിക എന്ന് പറയുന്നത് ഇതൊരു നടപ്പാണ് ഒരു ആന്തരികമായ നടപ്പാണ് കർത്താവ് അന്ന് ശിഷ്യന്മാരുടെ കൂടെ നടന്നു പ്രിയപ്പെട്ടവർ ഈ നടപ്പില് അന്ന് ശിഷ്യന്മാർക്ക് എന്തുണ്ടായിരുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം ലഭ്യമായിരുന്നില്ല കാര്യം പരിശുദ്ധാത്മാവ് അന്ന് വന്നിരുന്നില്ല അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും അവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവിടുന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്നു അടയാളങ്ങൾ കാണിക്കുന്നു അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ബാഹ്യമായ കാര്യങ്ങൾ അവർ കാണുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് പിതാവിൻ്റെ മുൻപാകെ ജീവിച്ചപ്പോൾ അവിടുന്ന് നമ്മെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യം അന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല പിന്നീട് അവർ ഇപ്പം നാളിൽ പരിശുദ്ധാത്മാ നിറവൊക്കെ പ്രാപിച്ച് ആ ലേഖനങ്ങൾ എഴുതുമ്പോഴാണ് ഓ കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു അവിടുത്തെ ജീവിതത്തിൽ പിതാവിൻ്റെ മുമ്പാകെ ഒരു ആന്തരിക ജീവിതമുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ അവർ അത് മനസ്സിലാക്കുകയും ലേഖനങ്ങളിൽ എഴുതുകയും ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ആ പുറമേ സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ആഴത്തിൽ കർത്താവ് അങ്ങനെ നടന്നപ്പോൾ പിതാവിൻ്റെ മുഖത്തിനു മുമ്പാകെ നടന്നപ്പോൾ പല കാര്യങ്ങളും തന്നെ നിലപാടുകൾ എടുത്തിട്ടുണ്ടാവും അതൊക്കെയും നമ്മളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കാനായിട്ട് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും ജീവിതത്തിൽ നിന്ന് സുവിശേഷങ്ങളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അതിൻ്റെ എങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കർത്താവ് ആയിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറി മാരുന്നു ആ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ എടുത്തു കാണിക്കുകയും അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവര് നമ്മള് കഴിയുന്നിടത്തോളം നമ്മൾ മറ്റുള്ളവരുടെ മുൻപാകെ ജീവിക്കരുത് യോഹനന്റെ സുശേഷം അഞ്ചാം അധ്യായം കർത്താവ് പറയുന്നുണ്ടല്ലോ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം കർത്താവ് പറയുന്നുണ്ട് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാള് മറ്റുള്ളവരുടെ മുമ്പാകെ ജീവിക്കരുത് മറ്റുള്ളവരുടെ ബഹുമാനം അതൊരു പക്ഷേ വിശ്വാസലോകത്തിലുള്ളവരുടെ ബഹുമാനമായിരിക്കും എങ്കിലും അങ്ങനെയുള്ള ബഹുമാനം നമ്മൾ തേടാതെ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ മാത്രം ഒരു രഹസ്യ ജീവിതം ജീവിക്കുന്നവരായിരിക്കണം ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ രണ്ട് സഹോദന്മാരെക്കുറിച്ച് ചിന്തിക്കുക രണ്ട് സഹോദന്മാർ രണ്ട് വിശ്വാസികൾ രണ്ടുപേരും വളരെ താഴ്മയുള്ളവർ എന്നൊക്കെ കരുതുന്നു പക്ഷേ അവരിൽ ഒരാൾ ഒരാൾ എന്താണ് ഒരാൾ ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ മാത്രം ജീവിക്കുന്നു താന് പല കാര്യങ്ങളും തന്നിൽ തന്നെ ഒരു വിശ്വാസമില്ല അങ്ങനെ ജീവിക്കുന്ന ആ ജീവിതം നിത്യതയിലും അതിന് പ്രതിഫലം ലഭിക്കും അതേസമയം മറ്റൊരു സഹോദരൻ കാഴ്ചയിൽ അതേപോലെ തന്നെ താഴ്മയുള്ളവനായിട്ടും പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായിട്ടും തോന്നും പക്ഷെ അവനൊരു തന്നിൽ തന്നെ ഒരു വിശ്വാസവും ആളുകളുടെ ബഹുമാനത്തിനായിട്ട് ഒരു ആഗ്രഹവും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും അത് അത് നിത്യതയിലെ നിലനിൽക്കുകയില്ല നഷ്ടമായി പോവും അതുകൊണ്ട് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ദൈവത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ആത്മീയ ജീവിതം ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ ഒരു രഹസ്യ ജീവിതം ജീവിക്കാനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരുടെ അത് വിശ്വാസികളുടെ തന്നെ ആയാലും ബഹുമാനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ രണ്ട് കുരിന്തേർ പത്തിൻ്റെ പന്ത്രണ്ട് വേറൊരു കാര്യം പറയുന്നുണ്ട് മറ്റുള്ളവരോട് തങ്ങളെ തന്നെ താരതമ്യപ്പെടുത്താതെ അവിടെ തങ്ങളെ തന്നെ രണ്ട് കോരിഞ്ചർ പത്തിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെയാണ് പറയുന്നത് തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഒരു ഒരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല പൗലോസ് പറയുക ഞങ്ങൾ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ചേർന്ന് ഞങ്ങളും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കാനായിട്ട് തുനിയുന്നില്ല സ്വയം സ്വയം അഭിനന്ദിക്കാനായിട്ട് തുനിയുന്നില്ല എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നു അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ ആൽമീയ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മളൊരു വേർഷനിൽ അത് വായിക്കുന്ന ദോസു കമ്പേഴ്സ് ദംസൽസ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുന്നവർ ദർ സ്പിരിച്വലി ഫൂളിഷ് ആത്മീകമായിട്ട് അവർ മഠേരാണ് അവരെ വിഠികളാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കുക നമ്മൾ മറ്റുള്ളവരുടെ ബഹുമാനം ആഗ്രഹിക്കരുത് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യരുത് ഒരു പഴയ നിയമഭക്തനായ പ്രവാചകൻ ഏലിയാവ് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാമല്ലോ ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ ഒന്നിൽ ആഹാബിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഏലിയാവ് പറയുന്നത് ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ ഓവാണ് എന്നു വച്ചാൽ ഏലിയാവ് ആരുടെ മുമ്പാകെയാണ് നിൽക്കുന്നത് ആ ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പാകെയല്ല നിൽക്കുന്നത് അല്ലെ ഇസ്രായേൽ ജനത്തിൻ്റെ കൈയ്യടിക്കു മുമ്പാകെയല്ല താൻ നിൽക്കുന്നത് താൻ ആരുടെ മുമ്പാകെയാണ് നിൽക്കുന്നത് താനെ പറയുന്നു ഞാന് ഇസ്രായേലിൻ്റെ ദൈവമായ ഇഹോയുടെ മുമ്പാകെ സ്റ്റുഡ് ബിഫോർ ദ ലോഡ് അതായിരുന്നു ആ പ്രവാചകൻ്റെ നിലപാട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവമുമ്പാകെ തന്നെ നിൽക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഏസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ഏസ്കലിൻ്റെ പുസ്തകത്തിൽ മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച ലേവ്യരെ അല്ലെങ്കിൽ മനുഷ്യരുടെ അംഗീകാരം നേടാനായിട്ട് ആഗ്രഹിച്ച ലേവ്യരെ അല്ലെങ്കിൽ ദൈവീകമായ പ്രമാണങ്ങളെ ആ നിലയിൽ വിലമതിക്കാതെ മനുഷ്യരുടെ ആ നിലയിലുള്ള മനുഷ്യരെ കൂടെ തങ്ങളുടെ കൂടെ കൂട്ടി മറ്റു മനുഷ്യരെ കൂടെ തങ്ങളുടെ പരിധിയിലാക്കി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച ലേവ്യരെ ദൈവം എന്തു ചെയ്യുന്നു ദൈവം അവരെ എന്നും മനുഷ്യരുടെ മുമ്പാകെ മാത്രം നിൽക്കാനായിട്ട് അവരെ ആ നിലയിൽ അവരോട് പറയുന്നു അതേസമയം അങ്ങനെയല്ലാതെ ജീവിച്ച സാധൂക്കിൻ്റെ പുത്രന്മാരായ ലേവ്യരോട് അവർ ദൈവത്തെ മാത്രം സേവിക്കുന്നവരായിട്ട് ദൈവത്തെ മാത്രം ശുശ്രൂഷിക്കുന്നവരായിട്ട് ജീവിക്കാൻ പറയുന്ന ഒരു ഭാഗമുണ്ട് പറഞ്ഞത് വ്യക്തമായോ ഏസ്കലിൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം അതിൻ്റെ ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ആ കാര്യം മനസ്സിലാകും എസ് കെലിൻ്റെ പുസ്തകം നാൽപ്പത്തി നാലിൻ്റെ ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ അവിടെ ലേവ്യരെ ചെയ്തു ലേവ്യരിൽ ചിലർ പരിച്ഛേദന ഏൽക്കാത്ത ചിലരെ കൂടെ ദേവാലയത്തിലും വിശുദ്ധ ഒക്കെ പ്രവേശിപ്പിച്ചു എന്തിനാ പരിഛേദന ഏൽക്കാത്ത ഇസ്രായേൽ ജാതി ഇസ്രായേലിൽ ആ നിലയിൽ പരിച്ഛേദന കർമ്മത്തിന് വിധേയരാകാത്ത ജാതികളായ ആളുകളെയൊക്കെ ദേവാലയത്തിൽ ഈ ലേവ്യരെന്തിനാണ് പ്ര പ്രവേശിപ്പിച്ചത് അവരുടെ അംഗീകാരവും അവരുടെ സ്നേഹവും അവരുടെ ബഹുമാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ലേവ്യരങ്ങനെ അങ്ങനെ അവരെക്കൂടെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ചത് ദേവാലയത്തിലെ ജാതിക്ക് പ്രവേശനമില്ല പക്ഷേ അവരെന്ത് ചെയ്തു അവരെ പ്രവേശിപ്പിച്ചു അവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവരെ കൂടെ ദേവാലയത്തിൽ കടത്തി അതുകൊണ്ട് ഏസ്കൽ നാൽപ്പത്തി നാലിൻ്റെ പതിനൊന്നിൽ അങ്ങനെ അവരെ ദേവാലയത്തിൽ കടത്തിയ ലേവ്യരൊക്കെ മേലിൽ എന്ത് ചെയ്താൽ മതി മുമ്പാകെ ശുശ്രൂഷിക്കേണ്ട മനുഷ്യരുടെ മുമ്പാകെ കാണുന്ന ഇടങ്ങളിൽ മാത്രം ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറയുന്നു എന്നാൽ ആ കൂട്ടത്തിൽ സാധുക്കെന്നൊരു ലേവ്യ പുരോഹിതനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചും കാണുന്നു അവരെന്ത് ചെയ്തില്ല അവർ ഈ ജനത്തിൻ്റെ അംഗീകാരമോ ജനത്തിൻ്റെ സ്നേഹമോ കിട്ടാൻ വേണ്ടി പരിച്ഛേദന ഏൽക്കാത്തവരെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ദൈവം പറയുന്നു ആ എസ്കൽ നാൽപ്പത്തിനാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു ഈ ഇസ്രായേൽ മക്കൾ എന്നെ വിട്ടുപോ വിട്ടു തെറ്റിപ്പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണം നടത്തിയിരുന്ന സാധൂക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ മാത്രം എന്നോടടുത്തു വരികയും എൻ്റെ മുൻപിൽ നിൽക്കുകയും ചെയ്താൽ മതി എന്ന് നാൽപ്പത്തിനാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ ഷെക്കൈന ഉള്ള സ്ഥലത്ത് ദൈവത്തിൻ്റെ മുഖത്തിനു മുമ്പാകെ ശുശ്രൂഷിക്കുന്ന കാര്യം ആര് മാത്രം മതി സാധൂക്കിൻ്റെ പുത്രന്മാർ ചെയ്താൽ കാരണം അവർ മറ്റ് മനുഷ്യർ മനുഷ്യരുടെ പ്രീതി നേടാനായിട്ട് ശ്രമിച്ചവരല്ല അതുകൊണ്ട് അവർ എനിക്ക് ആ നിലയിലുള്ള ശുശ്രൂഷ ചെയ്യാൻ എന്ന് പറയുന്നു നമ്മള് ഏർ എസ് കെ എൽടെ പുസ്തകം നാൽപ്പതിൻ്റെ നാല്പത്താറിലും ഈ സാധോക്കിന്റെ പുത്രന്മാർ അവരെന്നോട് അടുത്ത് വരികയും എൻ്റെ മുൻപാകെ ശുശ്രൂഷിക്കുകയും ചെയ്യണം അതേസമയം മറ്റു ലേവ്യരോ മറ്റു ലേവ്യർക്കൊരിക്കലും ആ നിലയിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാനായിട്ട് ദൈവം അനുവദിച്ചില്ല അവര് പ്രാകാരത്തിലോ ഒക്കെ മനുഷ്യര് കാണുന്നിടത്ത് മനുഷ്യര് കൂടി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്താൽ മതി അല്ലാതെ ദൈവത്തിൻ്റെ മുമ്പാകെ വരണ്ട എന്നവിടെ വളരെ കൃത്യതയോടെ പറയുന്നു പ്രിയപ്പെട്ടവർ മനസ്സിലായോ ഈ സാധോക്ക് എന്ന് പറയുന്നത് രണ്ട് ക്ഷമവൽ എട്ടാമത്തെ ആയോ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്ന ദാവീദ് രാജാവ് താൻ രാജാവായി കഴിഞ്ഞപ്പോൾ ആലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ആലയത്തിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ ഒരു പുരോഹിതനാണ് സാധോക്ക് സാധോക്ക് വളരെ ദൈവികമായ വഴിയിൽ നടന്ന ഒരാളാണ് സാദോക്ക് തൻ്റെ പുത്രന്മാരെയും ആ വഴിയിൽ തന്നെ നടത്തി അതുകൊണ്ട് സാധോക്കിൻ്റെ പുത്രന്മാർ ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു മറ്റ് ലേവ്യരെ പോലെ ആളുകളുടെ മുമ്പാകെ അവർ ജീവിച്ചില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദൈവം ഇവിടെ ഇതാ എസ്കേൽ വഴി പറയുന്നു നിങ്ങൾ മറ്റ് ലേവ്യരൊക്കെ പ്രാകാരത്തിലൊക്കെ ശുശ്രൂഷിച്ചോട്ടെ ആളുകൾ കാണുന്നിടത്ത് ശുശ്രൂഷിച്ചോട്ടെ അതിവിശുദ്ധ സ്ഥലത്ത് എൻ്റെ മുമ്പാകെ യഹോയുടെ മുമ്പാകെ ശുശ്രൂഷിക്കുന്ന ആ ഒരു കാര്യം ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈ സാധോക്കിൻ്റെ പുത്രന്മാർക്ക് മാത്രം കൊടുക്കുന്നു എന്ന് മാത്രമല്ല അവിടെ നോക്കുക കർത്താവ് ദൈവം അവിടെ പറയുന്നത് എസ് കെ നാൽപ്പത്തിനാലിൻ്റെ പത്തൊൻപതിൽ പറയുന്നത് ഈ സാധോക്കിൻ്റെ പുത്രന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പുറത്തെ പ്രാകാരത്തിലേക്കും ജനത്തിൻ്റെ അടുത്തിലേക്കും ചെല്ലുന്നതിന് മുമ്പ് തങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്ന സമയം ധരിച്ചിരുന്ന വസ്ത്രം നീക്കി അത് വിശുദ്ധ മണ്ഡപത്തിൽ വെച്ചിട്ട് വേറെ വസ്ത്രം ധരിച്ച് മറ്റുള്ള ജനത്തിൻ്റെ മുമ്പാകെ ചെന്നാൽ മതിയെന്നും പറയുന്നു കണ്ടോ ദൈവം എത്ര എത്ര ഗൗരവമായിട്ടാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത് തന്നെ ശുശ്രൂഷിച്ച സാധൂക്കിൻ്റെ പുത്രന്മാർ ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം പോലും ജനത്തിൻ്റെ മുമ്പാകെ കാണിക്കേണ്ട പ്രാകാരത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അത് മാറ്റി വേറെ വസ്ത്രം ധരിച്ച് അവരുടെ മുമ്പാകെ ചെന്നാ എന്നാണ് പറഞ്ഞത് പറ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അതായത് ദൈവത്തിൻ്റെ മുമ്പാകെ മാത്രം ജീവിക്കുന്ന ഒരു ജീവിതത്തെ ദൈവം വിലമതിക്കുന്നു കർത്താവായ യേശു പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും നമ്മൾ പലപ്പോഴും നമ്മുടെ ഉപവാസമായാലും പ്രാർത്ഥന ആയാലും ഈ കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പം നമ്മുടെ ആത്മീയ ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ആത്മീയമായി ദൈവസന്നിധിയിൽ എടുക്കുന്ന നിലപാടുകൾ ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി പരസ്യം ചെയ്ത് ആളുകളുടെ കൈയ്യടി വാങ്ങാൻ നമ്മൾ താല്പര്യപ്പെട്ടാൽ നമ്മളോട് ദൈവം പറയും എന്തു പറയും നിങ്ങൾ എപ്പോഴും ദൈവം മനുഷ്യരുടെ മുമ്പാകെ മതി നിനക്ക് ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ ജീവിക്കണോ അങ്ങനെ ജീവിക്കണമെങ്കിൽ സാധൂക്കിൻ്റെ പുത്രാന്മാരെ പോലെ എന്തു വേണം ആളുകളുടെ ആ ബഹുമാനം തേടാനായിട്ട് ആഗ്രഹിക്കരുത് എന്ന് പറയുന്നു നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീകമായ നമ്മുടെ ഞാൻ ഇന്നത് ചെയ്യുന്നു ഇന്നത് ചെയ്യുന്നു ഇന്നതിന് ഇന്ന പോലെ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ആളുകളും ആ നിലയിൽ അവർക്ക് ഉത്സാഹം വരൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ നിഷ്കളങ്കതയിലെ ചിന്തിച്ച് പോകാം എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമുക്ക് മറ്റുള്ളവരെ നമ്മളുടെ ദൈവത്തോടുള്ള സ്വകാര്യ നടപ്പിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ നമുക്ക് വിശുദ്ധരാക്കാൻ കഴിയുകയില്ല പറഞ്ഞത് വ്യക്തമായോ നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുന്ന ആ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ നമുക്ക് വിശുദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒക്കുകയില്ല ദൈവോചനം തീർച്ചയായിട്ടും നമ്മൾ പറയണം ദൈവോചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈ നിലയിലാണ് ദൈവോചനം അങ്ങനെ ഉപദേശിക്കുന്നത് എന്നെല്ലാം നമ്മൾ പറയണം എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ദൈവത്തോടൊപ്പമുള്ള സ്വകാര്യ നടപ്പിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പൊതുവെ പറഞ്ഞാൽ അത് ആളുകളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക ഒരു നിഷ്കളങ്കമായ ചിന്തയിലാണ് ആളുകളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിലും ഫലത്തില് പലപ്പോഴും അത് പ്രയോജനപ്പെടുകയില്ല അതുകൊണ്ട് കണ്ടോ ഇവിടെ കർത്താവ് പറയുന്നു ഉപവസിച്ചു കഴിഞ്ഞ ഒരാൾ വേണം നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകിയാലെന്താ അവന് പിന്നെ ആളുകളുടെ മുമ്പാകെ നിൽക്കുമ്പം ഇവൻ ഉപവസവിച്ചവനാണെന്നൊന്നും മുഖത്തിനൊരു ക്ഷീണമോ ഒന്നും തോന്നുകയില്ല നല്ല ഉത്സാഹത്തോടെ ഇരിക്കും അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവനെ ഭക്ഷണമൊക്കെ കഴിച്ച് ആണ് അല്ലാതെ ഉപവാസം എടുത്തേച്ച് വരികയാണെന്ന് അവർ മനസ്സിലാക്കുകയില്ല കണ്ടോ അവിടെ അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രിയപ്പെട്ട ആത്മീയ ജീവിതം ഒരു രഹസ്യ ജീവിതമാണ് പിതാവിൻ്റെ മുൻപാകെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ് എന്നുള്ളതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പഴയ ദൈവത്തിലെ സാധൂക്കിൻ്റെ മക്കളുടെ ജീവിതവും ഈ കർത്താവ് പറഞ്ഞ ഉപവാസത്തെ സംബന്ധിച്ചുള്ള കാര്യവും ഒക്കെ അതിലേക്കാണ് പ്രിയമുള്ളവരെ ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുഖത്തിന് മുൻപാകെ മാത്രം നമ്മൾ നമ്മുടെ ജീവിതം നയിക്കണം അല്ലാതെ മനുഷ്യരുടെ മുൻപാകെ ജീവിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവത്തിന് നമ്മളോടുള്ള കരുതലുകൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ മുമ്പാകെ ജീവിച്ച ആളുകൾ നമ്മളെ അഭിനന്ദിക്കും അവർ നമുക്ക് മഹത്വം നൽകും അതൊക്കെ നമ്മളെ ക്രമേണ ചിലപ്പോൾ ഒരു ആത്മീയ നികളത്തിലേക്ക് തള്ളി വിട്ടെന്ന് വരാം ഒരു നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് ഒരു നികളമാണ് അത് ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള നികളമായാലും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള നികളമായാലും ശരി നികളെന്ന് പറയുന്നത് അത് സാത്താനിൽ നിന്ന് വരുന്ന പിശാജ് പിശാജായി തീർന്നത് നികളത്തിലൂടെയാണല്ലോ അതുകൊണ്ട് പിശാജ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ഒരു നികളത്തിൽ വീഴ്ത്തി കളയാനായിട്ടാണ് പിശാജ് ശ്രമിക്കുന്നത് ദൈവം ശ്രമിക്കുന്നതോ നമ്മളെ നികളത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് ദൈവം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ നമ്മളെ ഒരു ആത്മീയ നികളത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം പറയുന്നത് നിങ്ങളുടെ നടപ്പ് ആ നിലയിൽ ആന്തരികമായിരിക്കണം നിങ്ങളുടെ പരിച്ഛേദന ആന്തരികമായ ഹൃദയ നിങ്ങൾ എൻ്റെ മുൻപാകെ ജീവിക്കണം എന്നിൽ നിന്ന് കേട്ട് നിങ്ങളെ ജീവിക്കണം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വിശ്വാസം കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണല്ലോ അപ്പോൾ മനുഷ്യരുടെ മുമ്പാകെയല്ല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ പ്രാർത്ഥിക്കുകയോ പാട്ട് പാടുകയോ ദൈവത്തിന് നന്ദി പറയുകയോ ഒക്കെ ചെയ്യരുതെന്നല്ല ഇതിൻ്റെ ഒരു തെറ്റായ നിലയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് ഞാൻ ദൈവം മുമ്പാകെ മാത്രമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പാകെ ദൈവത്തെ സ്തുതിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ എൻ്റെ ആവശ്യങ്ങൾ പറയുകയോ ചെയ്യോ ഇല്ല എന്നൊരു അതിൻ്റെ ഒരു തെറ്റായ നിലയിൽ അതിൻ്റെ ഒരു മറുചേരിയിൽ പിശാചി നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കരുത് നമ്മൾ ദൈവസന്നിധിയിൽ ആളുകളുടെ മുമ്പാകെയാണ് പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും അവിടെ കണ്ടോ നമ്മൾ നേരത്തെ വായിച്ചെടുത്തൊരു പ്രയോഗമുണ്ട് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അപ്പൊ നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്നതിലല്ല തെറ്റ് നമ്മുടെ ആന്തരികമായ ഉദ്ദേശം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാകരുത് മറിച്ച് ദൈവത്തിന് വിളങ്ങേണ്ടതിനായിരിക്കണം അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം ദൈവം നാല് കാര്യങ്ങളെങ്കിലും ദൈവം പറയുന്നുണ്ട് താൻ അത് മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്ന നാല് കാര്യങ്ങളുണ്ട് നമ്മൾ വളരെ വേഗത്തെ നോക്കിയാൽ പുതിയ നമ്മൾ ബൈബിളിൽ കാണാൻ കഴിയും മറ്റായി എഴുതിയ സുശേഷം നാലാമധ്യായവും അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താ ദൈവത്തെ മാത്രം ആരാധിക്കണം നാലിൻ്റെ പത്തെന്ന് പറയുന്നത് കർത്താവായ യേശു പിശാദിൻ്റെ പരീക്ഷയുടെ മുമ്പാകെ പറയുന്ന ഒരു കാര്യമാണല്ലോ യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അർഹമായ ഒരു കാര്യമാണ് അതുപോലെ യേശയ്യാവ് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ പറയുന്നു ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കുകയില്ല അപ്പോൾ ദൈവം തൻ്റെ മഹത്വവും തൻ്റെ ഗ്ലോറിയും മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല ഏശയ്യാവ് നാൽപ്പത്തിരണ്ടിൻ്റെ ഇട്ട് റോമർ പന്ത്രണ്ടിൻ്റെ പത്തൊൻപതിൽ പറയുന്നു പ്രതികാരം എനിക്കുള്ളത് അപ്പോൾ പ്രതികാരം ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ ആരാധന ദൈവത്തിന് മാത്രമുള്ളത് മഹത്വം ദൈവത്തിന് മാത്രമുള്ളത് പ്രതികാരം ദൈവത്തിന് മാത്രമുള്ളത് അപ്പോസ്ത്ര പ്രവൃത്തി ഒന്നിൻ്റെ ഏഴിൽ അവിടെ നമ്മൾ കാണുന്നു കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നുവെച്ചാൽ ഇതിനൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള എന്നാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല മറിച്ച് പിതാവിനുള്ളതാണ് ദൈവത്തിനുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത് അപ്പം നാല് കാര്യങ്ങൾ ദൈവത്തിന് മാത്രമുള്ളതാണ് ഒന്ന് ആരാധന ദൈവത്തിന് മാത്രമുള്ളത് മഹത്വം ദൈവത്തിന് മാത്രമുള്ളത് പ്രതികാരം ദൈവത്തിന് മാത്രമുള്ളത് കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് അറിവ് അത് ദൈവത്തിന് മാത്രമുള്ളത് നമ്മൾ എന്തു ചെയ്യേണ്ട നമ്മൾ ദൈവത്തിനുള്ള ഒരു കാര്യം പോലും നമ്മൾ എടുക്കരുത് ഏർ ആരാധനയോ മഹത്വമോ മറ്റുള്ളവരിൽ നിന്നുള്ള മഹത്വമോ പ്രതികാരമോ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്നതും നമ്മളല്ല നമുക്കെതിരെ ആളുകൾ തിന്മ ചെയ്താൽ നമ്മൾ ഈ കാര്യങ്ങൾ സ്തോത്രത്തോടെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ പരമേൽപ്പിച്ചാൽ ദൈവം പറയുന്നു റോമർ പന്ത്രണ്ടിൻ്റെ പത്തൊൻപതിൽ പ്രതികാരം എനിക്കുള്ളത് അതുപോലെ ചില കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമേ ഈ കാര്യങ്ങളൊക്കെ എന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ആത്മീയ ജീവിതം നമുക്കത് പൂർണമായിട്ട് എന്ന് കൈവരിക്കാൻ കഴിയും നമ്മൾ അതിനായിട്ട് എത്രയോ നാളായിട്ട് കാത്തിരിക്കുന്നു ഇതെന്നാണ് നമുക്ക് അങ്ങനെ ഒരു വിജയകരമായ ജീവിതത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളൊന്നും നമുക്ക് വേണ്ട കാലങ്ങളും സമയങ്ങളും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക മറിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിനായിട്ട് കാത്തിരുന്നാൽ മതി നമ്മളൊരു നല്ല പ്രവർത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും പ്രിയപ്പെട്ടവർ ഈ ദൈവോചനം നമ്മളെ ഒരു നമ്മളെ ഒരു ഭാരത്തിലേക്ക് കൊണ്ടുപോകരുത് അനാവശ്യമായ ഒരു ഭാരമോ ഒരു സമ്മർദ്ദത്തിലേക്കോ കൊണ്ടുപോകരുത് പിശാച ദൈവോചനത്തെ തന്നെ നം വളച്ചൊടിച്ച് നമ്മളെ അനാവശ്യമായ ഒരു ഭാരത്തിലേക്കോ ഇങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കാനൊക്കും എന്നൊക്കെയുള്ള സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകരുത് നമ്മൾ ദൈവമുമ്പാകെ ജീവിക്കുക ദൈവം നമുക്ക് തരുന്ന ബോധ്യങ്ങളിൽ നമ്മളായിരിക്കുക നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക ദൈവ ദൈവം തക്ക സമയത്ത് നമ്മളൊരു നല്ല പ്രവർത്തി ആരംഭിച്ചവൻ അതിൻ്റെ സമയത്ത് അവിടുന്ന് അത് ചെയ്തു അല്ലാതെ കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന കർത്താവ് അപ്പോസ്റ്റൽ പ്രവർത്തി ഒന്നിൻ്റെ ഏഴിൽ ശിഷ്യന്മാരോട് പറഞ്ഞു തോർക്കുക നമ്മൾ ചിന്തിക്കണ്ട എന്ന കർത്താവേയും ഞാൻ എല്ലാ ആഴ്ചയും ഇത് എവരെയൊന്നും ആയിട്ടില്ല ഇപ്പോഴും ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നു എന്നാണിത് എനിക്ക് ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് വരാൻ കഴിയുക അല്ലെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ കഴിയുന്നത് മറ്റു പലർക്കും കഴിയുമായിരിക്കും എനിക്ക് കഴിയുകയില്ല എന്നൊക്കെ സ്വയം പഴിച്ചും സ്വയം കുറ്റം വിധിച്ചും നിരാശപ്പെട്ടും പോകരുത് അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് ദൈവചനം വളരെ ഗൗരവമായിട്ട് പറയുന്ന നമ്മുടേതു പോലുള്ള സഭകളിൽ പിശാജ് ശ്രമിക്കുന്നത് അവരെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാനല്ല മറിച്ച വിശ്വാസികളെ ഒരു കുറ്റബോധത്തിലേക്കും ആ നിലയിൽ ഒരു നിരാശയിലേക്കും കൊണ്ടുപോകാനാണ് അവൻ പലപ്പോഴും ശ്രമിക്കുന്നത് ഓ മറ്റു പലർക്കും കഴിയുമായിരിക്കും എന്നെ കൊണ്ട് പറ്റുകയില്ല അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ വചനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന ഒരു നാള് അതെന്താണെന്ന് ദൈവത്തിനറിയാം ദൈവത്തിനറിയാം ദൈവത്തിനുള്ളത് നമ്മളിപ്പോൾ അറിയണമെന്നില്ല ആരാധന ദൈവത്തിൻ്റെ ആരാധന നമ്മൾ കവർന്നെടുക്കാത്തതുപോലെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കവർന്നെടുക്കാത്തതുപോലെ ദൈവത്തിനുള്ള പ്രതികാരം നമ്മൾ എടുക്കാത്തതുപോലെ ഇത് എന്ന് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യങ്ങളും അത് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്ത് പിന്നെ നമ്മൾ എന്ത് ദൈവത്തിനായിട്ട് കാത്തിരുന്നാൽ യശയ്യാവ് നാല്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിമൂന്ന് വായിക്കുക യശയ്യാവ് നാല്പത്തി ഒൻപത് ഇരുപത്തിമൂന്ന് കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല പ്രിയ സഹോദര സഹോദരി നമ്മൾ ദൈവത്തിനായിട്ട് നമുക്കൊരു ഹൃദയമുണ്ട് ദൈവമേ നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ മുമ്പാകെ എനിക്ക് ജീവിക്കണം ആളുകളുടെ മുമ്പാകെ എനിക്ക് ജീവിക്കേണ്ട നീ ആഗ്രഹിക്കുന്ന പോലെ പൂർണ്ണ സമർപ്പണമുള്ള ഒരു ജീവിതം എനിക്ക് വേണം ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ ദൈവം മുമ്പാകെ ദൈവത്തിനായിട്ട് കാത്തിരുന്നാൽ നമ്മൾ ഒരു നല്ല പ്രവർത്തി ആരംഭിച്ചവൻ തക്ക സമയത്ത് അത് തികയ്ക്കും എന്ന് ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഒരു പ്രവൃത്തി ആരംഭിച്ചത് അവിടുന്ന് ആണ് അവിടുന്ന് അത് പൂർത്തീകരിക്കും ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തെ വിശ്വസിച്ച് ആ യശയാ നമ്മൾ വായിച്ചത് എനിക്കായി കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകേയില്ല ലജ്ജിച്ചു പോകയില്ല പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം തന്നെ നമ്മളെ നടത്തും ലക്ഷയാവും മുപ്പതിൻ്റെ ഇരുപത്തൊന്ന് കണ്ടോ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും ദൈവത്താൽ നയിക്കപ്പെടുന്ന ആളുകളായിട്ട് ബൈബിളിൽ എല്ലാ കാര്യവും എപ്പോഴെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല എന്നാൽ നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ നീ എടുത്ത് തന്നെ കാണിക്കണേ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ എന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മന്ത്രണം ഒരു നേരിയ സ്വരം നമ്മുടെ ഹൃദയത്തിൽ കേൾക്കും അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ആളുകളായിട്ട് ദൈവമുംഭാഗം ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ എല്ലാവരും ചെറിയ ആൾ മുതല് വലിയ ആൾ വരെ കുഞ്ഞുങ്ങൾ മുതല് പ്രായമുള്ളവർ വരെ അങ്ങനെ ആത്മീയരായിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കണം നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉള്ള പലരും ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെയൊരു ആന്തരിക ജീവിതത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തവരാണെങ്കിലും നമ്മളെ ദൈവം അങ്ങനെയൊരു ആന്തരികമായ ജീവിതത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് സക്കരിയാവിൻ്റെ പുസ്തകം പതിനാലിൻ്റെ എട്ടിൽ നമ്മളൊരു വചനം കാണുന്നുണ്ട് അന്നാളിൽ ജീവനുള്ള വെള്ളം എരിശിലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും അത് നമ്മൾ വായിക്കുന്ന ലിവിങ് വാട്ടേഴ്സ് വിൽ ഫ്ലോ ഔട്ട് ഫ്രം അവർ ചർച്ച് ഇൻ ഓൾ ഡയറക്ഷൻ ടുവേഡ്സ് ഈസ്റ്റ് ആൻഡ് ടുവേഡ്സ് വെസ്റ്റ് ത്രൂ ഔട്ട് ദ ഇയർ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മളത് കാണുന്നത് എന്നുവെച്ചാൽ എന്താ ഇങ്ങനെയൊരു ആന്തരിക ജീവിതത്തിൽ നമ്മുടെ ആളുകൾ നടന്നാൽ ഈ ഒരു സന്ദേശം നമ്മുടെ സഭയിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകി വർഷം മുഴുവൻ ആളുകളിലേക്ക് അത് എത്തും നമുക്കൊത്തിരി കാര്യങ്ങൾ നമ്മൾ പറയ പറയാൻ പറ്റിയെന്ന് വരികയില്ല പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ വിശ്വസിക്കുന്നതിനെ ഉറ ഉറക്കെ ഉദ്ഘോഷിക്കും ആളുകളെ പലരെയും നമ്മുടെ ബന്ധുക്കളെ ചാർച്ചക്കാര് നമ്മുടെ അടുത്ത് പെരുമാറുന്നവര് നമ്മളെ ശ്രദ്ധിക്കുന്നവര് അവർക്കൊരു സന്ദേശം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും അതുപോലെ ദൈവം നമ്മളെ അതല്ലേ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിനായി കാത്തിരിക്കുക നമ്മൾ രചിച്ചു പോവുകയില്ല ദൈവം നമ്മെ നയിക്കട്ടെ സഹായിക്കട്ടെ ആ